ദിവ്യഗ്രഹക്കാസാസിക്കുന്നു <speaking Ethiopian> ധ്യാനിക്കുന്നത് നടക്കുന്നത് സ്വാഭാവിക സ്വാഭിമതാനുരൂപം സ്വാഭിമതവും അനുരൂപവുമായി അഭിമതത്തിന് അഭിപ്രായം ഇഷ്ടം എന്നതിനു അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ അഭിപ്രായത്തിനനുസരിച്ചാണ് ഈശ്വരൻ തരും അത് ഈശ്വരത്വത്തിന് നല്ല രൂപമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപം എന്ന് പറയുന്നത് ശരീരം അത് നമ്മുടെ അഭിപ്രായം അനുസരിച്ചെല്ലാം ഉണ്ടായി അതിന് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല അതാണ് എൻ്റെ വ്യത്യാസം എങ്ങനെയെങ്കിലും ഒരു രൂപം കിട്ടി അത് അനുരൂപമായിരിക്കാം എന്നുമില്ല അനുരൂപമായിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇതില സ്വഭാവ ഗുണം വിശേഷങ്ങളൊക്കെ ഉണ്ടായി അപ്പം അതിനനുരൂപമാണ് നമ്മുടെ രൂപം എന്ന് പറയാൻ പറ്റില്ല പുതിയ മനുഷ്യർക്ക് അങ്ങനെയായി തൻ്റെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെ തന്റെ അഭിമുതവും അനരൂപവുമായ ഒരു രൂപം ശരീരം എന്ന് പറയുന്നത് കിട്ടാൻ വളരെ പ്രയാസം അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ഈശ്വരനൊരു രൂപമുണ്ട് വേദാന്തികളെല്ലാം സ്വീകരിക്കുന്നതാണ് ഈശ്വരനൊരു രൂപമുണ്ട് അത് എന്തായിരിക്കും ഈശ്വരൻ അഭിമതവും ഈശ്വരനുരൂപമായി അതാണ് ഇവിടെ പറയുന്നത് അത് ഇവിടെ പറയും അഭിമതയ്ക്ക് അനുരൂപത്വസ് അനുരൂപയ്ക്ക് അനഭിമതത്വ സ്ഥലം മനുഷ്യന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല എനിക്കിട അഭിമതമാണ് എങ്കിൽ തന്നെ അതെനിക്ക് അനുരൂപമായിരിക്കില്ല എനിക്ക് അനുരൂപമാണ് പക്ഷേ എനിക്കത് ഞാഗ്രഹിച്ചില്ല ഏച്ച തനിക്ക് യോജിച്ചത് തനിക്ക് യോജിച്ചത് കാണാൻ അനുരൂപത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ താല്പര്യത്തിനനുസരിച്ചാണ് സ്വാഭിമു ഈശ്വരൻ രൂപം എന്ന് പറയുന്നത് അത് ഈശ്വരന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഈശ്വരനെ യോജിക്കുന്നതാണ് നമ്മുടെ രൂപമൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും നല്ല വെളുത്ത് ഇരുന്നെങ്കിലും പക്ഷെ അത് പോരാ ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കും നമ്മളെ തളത്തിൽ പക്ഷെ അത് പോരാ എനിക്ക രൂപം വേണ്ട എന്റെ ചില ഗുണവിശേഷങ്ങളുണ്ടെങ്കിൽ അതിന് എന്റെ രൂപമാണ് നാമദേവീല ശൂര പരാക്രമിയാണ് പക്ഷെ എന്തു ചെയ്യാം േറ്റിരിക്കാനുള്ള ശേഷിയില്ല അപ്പതുകൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെയെല്ലാം കുഴഞ്ഞുപൊറഞ്ഞാണ് മനുഷ്യർ രൂപം എന്ന് പറയുന്നത് അപ്പൊ അനുരൂപായിരിക്കത്തില്ല അനുഭവം എന്ന് വെച്ചാൽ അവന്റെ ഉള്ളിലിരിക്കുന്ന ഗുണവിശേഷങ്ങൾക്കനുസരിച്ച് അനുരൂപമായിരിക്കും ഇതെങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് മറ്റുള്ള സംവിധായകം പറഞ്ഞ് ഈ മത്തങ്ങാത്തരുന്ന സിനിമയിൽ എങ്ങനെ എടുക്കുന്നു പക്ഷെ ഇന്നാരായി ഇത് പറഞ്ഞതാണ് അപ്പൊ ആളങ്ങ് രക്ഷപ്പെട്ടുപോയി അങ്ങനൊരു ചരിത്രമുണ്ട് അപ്പോൾ അനുരൂപമായിരിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും ആഗ്രഹിക്കുന്നതിന്റെ എൻ്റെ രൂപമൊക്കെ ഒരിക്കലും നന്നായിരിക്കണം അല്ലേ തന്റെ ഈ രൂപം തനിക്ക് അനുരൂപമായിരിക്കണം അങ്ങനെ ആകാറുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഭിമതമായിരിക്കണം താൻ ആഗ്രഹിച്ചതുപോലെ ആവശ്യം ഈശ്വരൻ വിചാരികൾ എന്താണ് എനിക്ക് നാലു വേണം അതാ ഒന്ന് നാലിനേ പിന്നെ താനെന്തായിരിക്കണം അതിനെ വർണ്ണിക്കും അതാണ് ഈശ്വരീയമായ രൂപം എന്ന് പറയുന്നത് അതാണ് ഭക്തന്മാരുടെ വിചാരികൾ ഭക്തന്മാർക്ക് ഇഷ്ടപ്പെടണോ അത് പിന്നെ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ വിഭിന്നമാണ് അതുകൊണ്ട് ചിലപ്പോൾ ഏത് രൂപത്തെയും ചില ഇഷ്ടപ്പെട്ടെന്ന് വരാം അപവാദമായി സംഭവിക്കുന്നു ഇവിടെ പറയുന്നത് നാരായണന്റെ രൂപത്ത് വച്ചുകൊണ്ട് അതെന്തുകൊണ്ട് ഭക്തന്മാർക്ക് അതിന്റെ വിശ വിശേഷണങ്ങളെ പറയുന്നു നമ്മുടെ എല്ലാ ഈശ്വരന്മാരെയും പോലെയാണ് ശിവന്റെ എല്ലും പാമ്പും എല്ലാം ഇല്ല പക്ഷേ എന്നാലും ഭക്തമായ സംനിക്കുന്ന യോജിച്ചതാണ് ഇവിടെ വിഷ്ണുവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു നാരായണന്റെ വിശേഷതകളെ കുറിച്ച് ഏകരൂപം അത് ഏകരൂപമായിരിക്കുമെന്ന് പറയുന്നു ഇതേ ാരായണൻ തന്നെയാണ് വ്യൂഹരൂപത്തിലേക്ക് ഏതൊരു വ്യൂഹങ്ങൾ സംഘർഷണം അനുകരിക്കുന്നത് ചിലര് നാല് പറയുന്നു ചില ഗ്രന്ഥങ്ങൾ ചിലരതിനെ ഇതായിട്ട് ചേർക്കുന്നത് എന്തായാലും ശരി ഇങ്ങനെ നാനാ നമുക്ക് പറഞ്ഞാണെങ്കിൽ നാനാ വ്യൂഹരൂപത്തിലിരിക്കുമ്പോഴും താൻ തന്റേതായ ആ ദിവ്യരൂപം അതിന് മാറ്റമില്ല അതാണ് അങ്ങനെ തന്നെ അതാണ് ഏകരൂപൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വ്യൂഹ വിഭവാദ്യവസ്ഥാസ്വി ഹേയപ്രത്യനീകത്വ ആനന്ദാവഹത്വം മുമുക്ഷുപാസ്യത്വ പ്രാപ്യത്വാദിസ്വഭാവ അപരിത്യാഗവും അപ്പോ ആ രൂപത്തിൽ ഭയപ്രത്യനീകമാണ് സാറിന മനുഷ്യരിലും മറ്റും കാണുന്ന നമുക്കിഷ്ടപ്പെടാത്ത ഗുണങ്ങളുണ്ട് അതിന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ലെന്ന് നമ്മൾ പറയാറില്ല തണുഹേയങ്ങൾ അതിന് വിരുദ്ധമാണ് ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും അതിന് വിരുദ്ധമായിരിക്കുന്നു ആനന്ദാവഹ ഉപാസിക്കുന്നവന് വളരെയധികം ആനന്ദത്തെ കൊടുക്കുന്നതാണ് ആരോഗ്യം അപ്പോ ഒരു ഉപാസകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര രൂപത്തെ ഭാവന ഈശ്വര രൂപത്തെ ഭാവന ചെയ്യുമ്പോൾ അവരെന്ത് സംഭവിക്കുന്നുണ്ട് ഓരോ ഉണ്ടെങ്കിൽ പറയും ഭക്തന്മാരുണ്ടെങ്കിൽ പറയും ഭക്തി സംഭവിക്കും അപ്പോ ഈ ഭക്തി എന്ന് പറയുന്നത് എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിലൂടെയും ഭക്തി ഉണ്ടാവും ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് ശബ്ദം ഭക്തി എന്ന് പറയുന്നത് എന്താ രസാസ്വാദമാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്ത നിർവചിച്ചിരിക്കുന്നതാണ് രസോ വൈസഹ അവനാരാണ് ആനന്ദസ്വരൂപനാണ് അവന് രസംസാരം എത്രയോ തോന്നുന്നത് ആനന്ദസ്വരൂപനാണ് ഭഗവാൻ അപ്പോ ഭക്തന് എന്തു വേണം ആ രസാസ്വാദനം സംഭവിക്കും രസാസ്വാദനം ആ രസാസ്വാദനം ഒരാളിനിൽ സംഭവിക്കുന്നതിന് ഭക്തന് അതിനേറ്റവും ഒരു പ്രധാനമായ ഉപാധിയാണ് ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഭജന ഒരാൾ ഈശ്വരനെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടും മഹത്വങ്ങളെയൊക്കെ വാഴ്ത്തി പാടുന്നു അങ്ങനെ പാടുമ്പോൾ എന്ന് വരുന്നു എന്താ സംഭവിക്കുന്നത് അയാളുടെ ഉള്ളിൽ രസാസ്വാദം സംഭവിക്കുക അത് ഭക്തിശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ രസാസ്വാദം എന്ന് ഈശ്വരന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന രസമാണ് ഭക്തനെ ആസ്വദിക്കുന്നത് ആ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരാൾ ഭജിക്കുമ്പോ എന്തുകൊണ്ട് അയാൾ ആ രസാസ്വാദം സംഭവിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അയാളുടെ മനസ്സ് മനസ്സെന്ന് പറയുന്നത് സദാസമയവും സ്മൃതി രൂപത്തിലും ഇപ്പോൾ നമ്മുടെ മനസ്സ് മനോരാജ്യ രൂപത്തിലും നികൽപ്പങ്ങളിലും ഓരോ ചിന്തകളൊക്കെ അങ്ങനെ മനസ്സിലും അപ്പോ ഭജന എന്ന് പറയുമ്പോൾ എന്താണ് അത് ശബ്ദാനുസന്ധാനമാണ് ശബ്ദത്തിലൂടെ ഈശ്വരന്റെ സ്വരൂപത്തെ അനുസന്ധാനിക്കും മനസ്സിനെന്ത് സംഭവിക്കും എന്തായിരിക്കും സംഭവിക്കുന്നത് മനസ്സ് അസ്പന്ദ അതായത് ഈ എല്ലാ മനസ്സിന്റെ പ്രണാമങ്ങളിൽ നിന്നും മനസ്സ് മാറും അങ്ങനെ അസ്മൃതിയിൽ നിന്ന് പോകുന്നു വികല്പങ്ങളിൽ നിന്ന് മാറുന്നു മനോരാജ്യങ്ങളിൽ നിന്ന് പോകുന്നു മനസ്സെന്ന് പറയുന്നത് ശബ്ദാനുസന്ധാനത്തിലൂടെ എൻ്റെ ഒരു മനസ്സ്പന്ദതയൊക്കെ ഇതാണ് ഇവിടെ ചെറുപ്പിക്കും മനസ്സിലയിച്ചുപോയി മനസ്സിലയില്ല മനസ്സ് പഞ്ചസാരയല്ല പാല്രയിക്കൽ അങ്ങനെ ഒരു വസ്തുവല്ല മനസ്സ് പക്ഷേ മനസ്സെന്ത് സംഭവിക്കുകയാണ് നിഷ്പന്ത അല്ലെങ്കിൽ അസ്പന്ദം എന്ന് പറയാം അത് ശബ്ദത്തിന്റെ അനുഗണനം കൊണ്ട് സംഭവിക്കുന്നു മനസ്സിനങ്ങനെ ഒരു ശേഷം അത് ഭാവനാത്മകമായി സംഭവിക്കുന്നു ആ ഭാവനയ്ക്കാണ് ശബ്ദ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഭജനങ്ങളും എന്നുള്ളതിൽ ഏകാഗ്രമായി അനുസംസാനം ചെയ്യുന്നത് അപ്പോൾ അവനിൽ അനുഭവിക്കുന്ന ആനന്ദ രസം രസോ എന്ന് പറഞ്ഞാൽ ആ രസത്തിന്റെ അനുഭവം രസാനുഭവത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഭക്തിയെക്കുറിച്ചൊക്കെ മതപ്രഭാഷണം നടത്താറില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിലൂടെ പറയുന്നു വൈഷ്ണവശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ അതിന് അങ്ങനെ ഒരു ആനന്ദം മനസ്സ്പന്ദമായി അനുഭവിക്കുന്നതിന് അവിടെ പിന്നെ ഈ മനസ്സ്പന്ദമായി അനുഭവിക്കുക എന്നുള്ളത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു കാരണം നമ്മൾ യോഗശാസ്ത്രം പഠിക്കുന്നതുപോലെ അവിടെ ശരിക്കും ചിത്തവൃത്തി നിരോധനം സംഭവിക്കുക അവിടെ മനസ്സിന് വകല്പങ്ങളില്ല അതുതന്നെ മനസ്സിന് വിഷയം ഒന്നേ ഉള്ളൂ ആ വിഷയം എന്ന് പറയുന്നത് എന്താണ് ആനന്ദസ്വരൂപനായ ഈശ്വരൻ സ്വഭാവങ്ങൾക്ക് മനസ്സിൽ ചെയ്തു ആനന്ദരസത്തെ അനുഭവിക്കും ഇത് ഭജിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതേ ഭാവത്തോടു ഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാവം എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഭാവം ഭാവന അതിനുള്ള ഭാവം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാറിന് പറയാറ് ഭാവമല്ലാവം എന്ന് പറയുന്ന ഭാവനയാണ് അന്തരിക ആ ഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശബ്ദജാലം ഈ ശബ്ദജാലം കൊണ്ട് ഈ നാനാ തരത്തിലുള്ള രൂപസ്വരൂപ വർണ്ണനകളല്ല അതെങ്ങനെയാണോ ഭഗവാന് അഭിമതവും അനുരൂപവുമായിരിക്കുന്ന അതുപോലെ തന്നെ അരികിളും ഭജിക്കുന്നവൻ അത് അഭിമതവും അനുരൂപമായിരുന്നു മാത്രമേ അവന് ആ രസാസ്വാദം സംഭവിക്കത്തുള്ളൂ മനസ്സിന്റെ അസ്വന്തതെന്ന് പറയുമ്പോ അവിടെ അനുഭവിക്കുന്ന രസം എന്ന് പറയുന്നത് ഈ സാധാരണ വൈകാരികതക്കപ്പുറമാണ് വൈകാരികതയിലാണ് അതിന്റെ തുടക്കം പക്ഷെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അത് വൈകാരികതയും മറി മറികടന്ന് പോകുന്നവർ ഇതാണ് ഈ വൈകാരികത എന്ന് പറയുന്നത് എന്താണ് ഗൌണഭക്തിയിലാണ് വൈകാരികത നമ്മളീ കാണിക്കുന്ന പ്രകടനങ്ങളും പരിപാടികളും അഭ്യാസങ്ങളും കേട്ടണ്ടേ ഞാൻ കേൾക്കുന്നില്ല ആന്തരികമായ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് എന്താണോ ക്ഷോയം അതൊരു വ്യക്തി അനുഭവിക്കുന്ന ആനന്ദമാണ് അതിന് എന്തു ചെയ്യുന്നു ശബ്ദം എങ്ങനെ പറയുന്നത് അത് കേവലം വൈകാരികത എന്ന് പറയുന്നത് ഗോണമായ ഒരു ഭക്തിയാണ് ആ വൈകാരികതയിൽ എന്താണോ മനസ്സ് ീ പറയുന്നത് പോലെ അസ്പന്ദമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നില്ല തന്നെ തന്നെ മറക്കുന്ന ഒരനുഭൂതി സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥയിലെത്തിച്ചേരുന്നില്ല ഇത് തന്നെയാണ് യോഗി ആനന്ദം സമാധി അനുഭവിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ അത് ട്യൂൺ ചെയ്യുന്ന വേറൊരു വഴിക്ക് തന്നെ ഇതിന്റെ ട്യൂണിങ് വേറെ ഇത് പോലെ ഓരോ രസമെന്ന് പറയുന്നത് എന്താണ് ഭാവനയിലൂടെ എത്തിച്ചേരുന്ന അനുഭവത്തിന്റെ തലം അതാണ് എവിടെയാണോ ഭാവനയിലൂടെ ആത്മവിസ്മൃതി സംഭവിക്കുന്നത് ആത്മവിസ്മൃതി സംഭവിക്കുന്നത് എങ്ങനെയാണ് അയാൾ ആ കേവലമായ ആനന്ദത്തിന് മുരുകയും എന്ത് ചെയ്യുന്നു ബാക്കിയെല്ലാ ചിത്തവൃത്തികളും അവിടെ അപ്രസക്തമായി തീരും അതിൽ നിന്നും അതിനെ കുറിച്ചൊരു ജന്തികളുടെ ആവശ്യം വരുന്നില്ല അതാണ് അത് ദൌണമായ വൈകാരിക തലങ്ങളല്ല എന്നുവെച്ചാൽ നമ്മൾ ബാഹ്യമായി ഭക്തിയെ പ്രകടിപ്പിക്കുന്നുണ്ട് നമസ്കാരം അതില് പറഞ്ഞല്ലോ അർച്ചാദികൾ അതല്ല അതല്ല ഇവിടെ അതില് അയാൾ മുഴുകുന്നത് എന്തിനാണ് ആനന്ദത്തിലാണ് രസത്തിലാണ് ആനന്ദരസത്തിലാണ് രസാനുഭൂതിയിൽ ഒരാൾ മുഴുകുന്നതാണ് അതിനുള്ള ഭക്തി ഇത് എങ്ങനെയാണോ ഒരാൾ ഭജിക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്നത് ഈ ഭജന കേൾക്കുമ്പോഴും ഇതൊരാൾക്ക് അനുഭവപ്പെടുന്നു അത് അതിൻ്റെ പിന്നെ സാത്വികമായ ഭാവത്തിൽ ഭാവത്തിൽ എന്ന് പറയുന്നത് വളരെ ഉത്തമമായ സാത്വിക ഗുണമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ ഇതുതന്നെ രാജസ താമസ ഭാവങ്ങളിലൂടെയും ഒരാൾ ആനന്ദത്തിലെത്തിച്ചേരും അത് മറ്റൊന്നാണ് അപ്പോ എല്ലായിടത്തും ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താണ് ആത്യന്തികമായി ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്ന ഒരു ആനന്ദ ഉന്മാദം എന്ന് പറയാം പട്ടല്ല ഉന്മാദം എന്ന് പറഞ്ഞത് പട്ടാണെന്ന് അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് പക്ഷെ അത് ഏറ്റവും സാത്വികമായ ഭാവത്ത് ഒരാൾക്ക് അതിൽ മുഴുകിപ്പോകുന്നതിനാണ് പറയുന്നത് ഉന്മാദം എന്ന് പറയുന്നത് ഭക്തിന് ഉന്മത്തനാകുക എന്ന് പറയുന്നത് കേരളം ശബ്ദത്തെ അശബ്ദം മാത്രമല്ല അതിന് ശരീരത്തിൻ്റെ ചലനങ്ങൾ പോലും അത്തരമൊരു ഉന്മാദാവസ്ഥ സാധാരണ ഒരു മനുഷ്യരായിരിക്കും അത് ഏറ്റവും ഈ സംഗീതത്തിലൂടെ ഭക്തിക്ക് ഭക്തിയുടെ നമ്മുടെ ഇവിടെ പലരുമുണ്ട് ും പറയുന്നില്ല പക്ഷെ അവർക്ക് എന്താണോ ജീവിതകാലം മുഴുവൻ ഇതിന്റെ സാധനയിലൂടെ അങ്ങനെ ഭക്തിയുടെ ഉന്നത തലങ്ങളിലെത്തി കാരണം ഒരുപാട് സംഗീത സാധനയിലൂടെ നമ്മുടെ പ്രസിദ്ധരായ സംഗീതജ്ഞ അനങ്ങൾ പോലെ അവരങ്ങനെയുള്ള അനുഭവത്തെ എത്തിച്ചേർന്നവരാണോ കാര്യത്തിനു അപ്പം നമ്മുടെ ഈ സംഗീതന്മാരെല്ലാം നമ്മൾ നമുക്കൊരു കാര്യം ഇവരെല്ലാവരും ഇരുന്ന് പാടുന്നവരാണ് ഇത് ഇരുന്ന് കൊണ്ടല്ല കാര്യം പാടും അതും ഒരു രീതി പക്ഷെ ഇത് ശരീരത്തിൻ്റെ ചലനങ്ങളോടൊപ്പം ഈ സംഗീതം ൂടെ എന്താണ് ഒരു നിർവൃതിയിൽ ഒഴുകുന്ന ഒരു കൂട്ടരുണ്ട് കേട്ടിട്ടുണ്ടോ എന്നുള്ളവരെ കുറിച്ച് തൊള്ളുന്നവരുണ്ട് അവരാണ് സൂഫി സൂഫി സൈ അവരൊരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ അവര് അള്ളാവിനെ അസ്വദിക്കുന്നവരാണ് പക്ഷേ അവർക്ക് ഈ ഉന്മാദാവസ്ഥയിലെത്തിച്ചേരുന്നത് അവരുടെ ശരീരത്തിന്റെ കൃതമിക്കായിട്ടുള്ള ചലനങ്ങൾ അതൊരു വലിയ പങ്കുവയ്ക്കും ശരീരത്തോട് പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് അവർ ശരിക്കും പറഞ്ഞു ഞാൻ നൃത്തം ചെയ്യുകയാണ് പക്ഷെ നമ്മൾ കാണുന്ന ചാട്ടവും തലകൂത്തി മറിച്ചിലും ഇന്നത്തെ ഡാൻസൊന്നും ഉണ്ടാവില്ല പക്ഷെ അവര് അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇത് അവരഭിനയിക്കുന്നതാണോന്ന് തോന്നിപ്പോകും അഭിനയിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അവരങ്ങനെ ഒരു അത് സാധാരണ മനുഷ്യർ പിന്നെ അവരതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരായി അവനവൻ്റെ പണിയേജിക്കുന്നവരാണ് പക്ഷെ എപ്പോഴാണ് അവർ ഈ സംഗീതത്തിലേക്ക് പോകുമ്പോൾ അവര് ഇതുപോലെ തന്നെ എന്താണ് ദയമായ ഒരു രസാനുഭൂതിയിൽ ഉള്ളതായിട്ട് കാണാം സൂമികളുടെ നൃത്തത്തോടു കൂടിയ സംഗീതം നമ്മുടെ സംഗീതത്തിന് ഒരുപാട് സംഭാവന ചെയ്തവരാണ് അവരെ അനുകരിച്ചാണ് പിന്നീട് ഈ പാശ്ചാത്യ സംഗീതം അതിൻ്റെ നൃത്ത സംഗീതം കൂടെ ഒരുമിച്ചത് ഒരുപാട് കാശടിച്ച് വരുന്ന സംഗീതമാണ് ചേട്ട കയറിയല്ലോ അവർ അവരും ഇതെന്താണ് ഈ സംഗീതം തന്നെയാണ് പക്ഷേ അവർക്ക് ഈ പോലെ ഒരു രൂപദ്ധ്യാഗമുണ്ട് പക്ഷേ ശബ്ദകോലാഹലങ്ങളുടെ കേൾക്കുന്നവര് ശബ്ദകോലാഹല ചലനം ശരീരത്തിന്റെ ചലനത്തിനൂടെ കേൾക്കുന്നവര് അവരും ഒരു ഉന്മാദാവസ്ഥയെ കൊണ്ടല്ല അത് അവർക്ക് ആനന്ദം ഉള്ളത് കൊണ്ടാണ് അവര് അതിന്റെ പിറകെയാണ് അവർ അത് രാജസ്വം ഇവിടെ പറയുന്നത് സാത്വികം എന്ന് പറയുന്നത് അതിന് ശബ്ദം അതെങ്ങനെയാണോ ഭജിക്കുന്നവൻ അങ്ങനെ ഒരു ആനന്ദാവസ്ഥയിലെത്തിച്ചേരുന്നത് കേൾക്കുന്നവനും അതേ ആനന്ദാവസ്ഥ എത്തിച്ചേരും അതുകൊണ്ടാണ് ഭജന കേൾക്കുമ്പോൾ നമുക്കൊരു ആനന്ദാനുഭൂതി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഭജന കേൾക്കുന്നിടത്തിൽ ഇരുന്ന് മനോരാഗ്യത്തിരിക്കുന്നവരുമാണ് അവിടെയും വികല്പങ്ങളിൽ പെട്ടിങ്ങനെ ഉള്ളുന്ന മനസ്സുകൾ അവിടെയും കാണും പക്ഷെ ചിലർക്കങ്ങനെയല്ല എന്തോ ഒരു എന്താണ് ഒരു അനുഭൂതിയിലേക്ക് മനസ്സിലെത്തി അതൊന്നും ശബ്ദത്തിലൂടെ എത്തിച്ചേരും ശബ്ദം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നതാണ് രൂപധ്യാനം അപ്പം അങ്ങനെ രൂപധ്യാനത്തിലൂടെ ഒരാൾക്ക് അനന്താനുഭവം ലഭിക്കുന്നതിന് എന്താണ് ആ ഭക്തനും അഭിമതവും അനുരൂപവുമായ ഒരു രൂപം ശുദ്ധസാത്വികമായൊരു രൂപം ഈ സൂഫികളും മറ്റും അരൂപിയായ ദൈവത്തെ ധ്യാനിച്ചിട്ടാണ് പക്ഷെ അവരെന്ത് ചെയ്യുന്നു ശബ്ദത്തിലൂടെ അവര് ആ അരൂപത്തിൽ രൂപങ്ങളെ സൃഷ്ടിക്കുകയാണ് ശബ്ദരൂപത്തെ സൃഷ്ടിക്കുക പക്ഷെ അവിടെ സങ്കല്പം എന്താണ് അരൂപമെന്നാണ് ഇവിടെ അങ്ങനെയല്ല ശബ്ദം തന്നെ രൂപത്തെ സൃഷ്ടിക്കുക ആ ശബ്ദത്തിന്റെ ഒരു അത്ഭുതകരമായ ശേഷം നമ്മുടെ വക്യുപതിയും പോലെയുള്ള ശാസ്ത്രങ്ങളിലെല്ലാം ഈ ശബ്ദത്തിന്റെ അത്ഭുതകരമായ ശക്തിയെ കുറിച്ച് പറയുന്നത് അത്ഭുതകരമായ ശക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ മനസ്സിനെ എവിടെ വേണം കൊണ്ടെത്തിക്കാം ബ്രഹ്മത്തിന് വേണമെങ്കിലും അതിനെ കൊണ്ടെത്തിക്കാം അല്ല ൗകികത്തിന്റെ ഏതറ്റം വരെ വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള ശേഷി ശബ്ദത്തിനും അതാണ് മുഖ്യം അത് കഴിഞ്ഞ് രൂപം വരുന്നത് നമ്മൾ സാധാരണ പറയും കണ്ണാണ് നമ്മളെ ആകർഷിക്കുന്നത് സാധാരണ ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചത് ശരിയാണ് പക്ഷേ മനസ്സിന്റെ ആന്തരികമായ അവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം രൂപത്തിനതിന് ശേഷി രൂപം ബാഹ്യമായ ഏതെങ്കിലും ഇവിടെ പറയും സൗന്ദര്യ ലാവണ്യങ്ങളെല്ലാം ഉള്ള ഒന്നിന് നമ്മളൊരു മനസ്സൊന്നാകർഷിക്കും ആകർഷണമെന്ന് പറയുന്നത് ക്ഷണികമാണോ എല്ലാം മനസ്സിനെ വിട്ടുപോവുകയും ചെയ്യും ക്ഷണികവും തീവ്രവുമാകാം പക്ഷെ സ്ഥായി അല്ല ശബ്ദ പ്രപഞ്ചം നമ്മളത് കൊണ്ടെത്തിക്കുന്ന അങ്ങനെയല്ല അത് നമ്മൾ സ്ഥായിട്ട് കൊണ്ടെത്തിക്കും അത് ഭക്തിയുടെ ലെവലിൽ പറഞ്ഞാലും ശരി ഇനി തത്വജ്ഞാനത്തിന്റെ വലിയ പറഞ്ഞാൽ ശരി അതുകൊണ്ടാണ് ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നത് എന്താണ് വാക്യശ്രവണം എന്ന് പറയുന്നതാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ എല്ലാ അജ്ഞാനത്തെയും മാറ്റി അവനെ എന്താണ് പരമാത്മനിഷ്ഠ അവന്റെ ജീവിതത്തെ ഉറപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനുള്ള ഇത് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ ഉപായം എന്താണ് ശബ്ദമാണ് ശബ്ദത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് അത് കഴിഞ്ഞാൽ തന്നെ എന്താണ് രൂപം രൂപമെന്ന് പറയുന്നത് ഒന്ന് കണ്ടുകൊണ്ട് കാണുന്ന രൂപം പിന്നെ അത് കഴിഞ്ഞ് മനസ്സ് ഭാവന ചെയ്യുന്ന രൂപം അത് ശബ്ദ സഹായത്തോടു കൂടിയാണ് ശബ്ദത്തിന്റെ സഹായം ഇല്ലാതെ നമുക്ക് രൂപത്തെ ഭാവന ചെയ്യാൻ പറ്റും സച്ചുതാനന്ദം എന്ന് ഭാവന ചെയ്യണമെങ്കിൽ ഉള്ളിൽ വേണം എന്തു വേണം സച്യുദാനന്ദം എന്ന് പറയുന്ന ശബ്ദം ഉള്ളിൽ മുളങ്ങണം എന്നാൽ മാത്രമേ മനസ്സ് എന്ത് ചെയ്യാൻ പറ്റൂ ആ സച്ചിത ആനന്ദത്തിൽ ധ്യാനിക്കാൻ പറ്റൂ അതിന്റെ ബാഹ്യരൂപങ്ങൾ അതിനാണ് ഈ വർണ്ണനകളല്ല ശബ്ദം ഉപയോഗിച്ചുള്ള വർണ്ണന അപ്പോ മനസ്സിന്റെ അത്തരത്തിലുള്ള ഒരു ശാസ്ത്രം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവരാണ് ഇവരെല്ലാം ഇത്രയ്ക്ക് വർണ്ണിക്കേണ്ട ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു എന്ത് കിട്ടാനാണ് നീന്തി പക്ഷെ ഇത്തരം സാധനാ പദ്ധതികളൊന്നും ഈ പറയുന്നില്ലേ പഞ്ചരാത്രം എന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിനുള്ള ശബ്ദങ്ങളാണ് ഈ പറയുന്ന ശബ്ദങ്ങളല്ല അപ്പോൾ അവിടെ തന്നെ തുടങ്ങിയതാണ് ഇതുപോലെ എല്ലാ ആഗമങ്ങളിലും മറ്റാഗമങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാണ് പറയുന്നത് ശക്തമായാലും ശരി ശൈവമായാലും ശരി ഇത് ശബ്ദങ്ങളിലൂടെ വ്യത്യാസമേ ഉള്ളൂ ബലത്തിനൊന്നു തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കും ഏതാഗമമായ എല്ലാരും അവസാനം പറയുന്നത് എന്താണ് ഒരു ദുരിതം കുറച്ചെണ്ണം എല്ലാവരും പറയും ശബ്ദമേതായിക്കൊള്ളട്ടെ ആഗമ ഏതായിക്കൊള്ളട്ടെ അതിൽ തന്നെയാണ് എനിക്ക് അത് ഇന്നത് കൊണ്ടേ അപ്പോ അതുകൊണ്ടാണിവിടെ സ്വഅഭിമതവും അനുരൂപവുമായ ആ ഒരു രൂപം എന്ന് പറയുന്നത് ഉപാസകന് അങ്ങനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ അങ്ങനെ ധ്യാനിക്കുമ്പോൾ ശബ്ദവും അതിനെ സഹായിക്കുന്നു എന്നാൽ ശബ്ദം എന്തെയ്യുന്നു ഒരു രൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും അതിനോട് പറഞ്ഞിരിക്കും എന്തിനു വേണ്ടി എന്നുള്ള വിസമാണം പറയുന്നത് അത് ഏകരൂപമാണ് പറയുന്നു എന്താണ് വിഭവ വ്യൂഹ വിഭവാ അത് നാനാരൂപത്തിലിരിക്കുമ്പോഴും അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു ആ രൂപത്തിന് മാറ്റമില്ല അതാണ് ഏകരൂപ പിന്നെ പറയുന്നത് അചിന്ത്യം ഈ രൂപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അദ്വൈതികൾക്കൊക്കെ ഒരു കലിപ്പാട് അവരെന്താ പറയുന്നത് രൂപം അനിത്യം സാവയവത്തോ അത് അവരനുമാനത്തിലൂടെ പിന്നെ ഖലിച്ചത് ഈശ്വരന് രൂപമാണ് ഈശ്വരന് കയ്യും താലൂക്കും ഈശ്വരന് കയ്യും താലൂക്കുണ്ടെങ്കിൽ എന്താണ് ഈശ്വരൻ സാവയവം എന്നാണ് അവയവമുള്ളവനാണ് അവയവം ഉണ്ടെങ്കിൽ എന്ത് വരും അതനിത്യമാവും പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് നിത്യവിഗ്രഹം എന്നാണ് അപ്പോ യുക്തിയിലൂടെ അനുമാനം എന്ന് പറയുന്നത് യുക്തി ആശ്രയിച്ചാണ് ഒരാൾ യുക്തിയിലൂടെ പോയി ഇതിനേകം നിഷേധിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത് എന്തുകൊണ്ട് ശരിയാകത്തില്ല ബാധാധിപത് അഭാസകൾ അതൊക്കെ ഹിത്വാഭാസങ്ങളാണ് ധർമ്മികഗ്രാഹകമായ പ്രമാണം അതെന്താണ് പ്രമാണം ആഗമപ്രമാണം അതുകൊണ്ട് ബാധിക്കപ്പെടുക അനുമാനം അതിപ്പോഴും പറയുന്നുണ്ട് എന്താണ് അനുമാനത്തേക്കാൾ പ്രബലമായിരിക്കുമ്പോഴും ആഗമം വിശേഷം ആധ്യാത്മിക അതിന് കാരണം എന്തുകൊണ്ടത് ഭേദോഭാസമാണ് അത് ഈ ലീലാവിഭൂതി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ശരിയാണ് ഇവിടെ ഈ അനുമാനമൊക്കെ ശരിയാണ് സാവയവാണ് അനിത്യമാണ് പക്ഷെ ഇവിടെ പറയുന്ന ദിവ്യമംഗളരൂപം എന്ന് പറയുന്ന ആ രൂപത്തെ സംബന്ധിച്ചിടത്തോളം അത് ആഗമപ്രമാണമാണ് അതുകൊണ്ടായിരുന്നു വേദാന്തികളെന്ന ശബ്ദീയ പരമപ്രമാണവുമായി സ്വീകരിക്കുന്നത് അപ്പോൾ ശ്രുതിയെപ്പോലെ പ്രമാണമാണാകും അപ്പൊ അക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്തു പറഞ്ഞത് ധർമ്മിഗ്രാഹക ബാധം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മിയെ ഗ്രഹിപ്പിക്കുന്ന അകമാതി പ്രമാണം കൊണ്ട് ബാധിക്കപ്പെടുന്നു എന്ത് ആഭാസതാണ് അഭിപ്രായത്തിൽ അതാണ് അചിന്തിയെന്നത് അപ്പോ നിങ്ങളിവിടെ കേവലം നിങ്ങളെ തർക്കം കൊണ്ടെന്ന് തീരുമാനത്തിലെത്തി കളയുന്ന ഒരു ആഗമുണ്ട് അത് കഴിഞ്ഞ് ദിവ്യം ദിവ്യം വീണ്ടും ആവർത്തിക്കുന്നു ദിവ്യൂപഹാവസാണ് ഇവിടെയും വരുന്നത് ഇവിടെ പല ശബ്ദങ്ങളും ആവർത്തിക്കുന്നു ആവർത്തിക്കുമ്പോൾ ശബ്ദത്തിന്റെ സമുദായ ഗുണങ്ങൾ വാക്സികളും മറ്റും പറയുന്ന നിരവധി ഗുണങ്ങളുണ്ട് ശബ്ദം അതനുസരിച്ച് അർത്ഥഭേദം വരും അത് ഞാൻ വേറൊരു സന്ദർഭത്തിൽ പറയാം കേട്ടത് ഞാൻ ശരി കേൾക്കുന്നില്ല അല്ല ആഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാനത്തെ ആഭാസമാക്കുന്നുണ്ട് അനുമാനം ഹേത്വാഭാസം മനസ്സിലായത് എന്തുകൊണ്ട് അങ്ങനെ അവസാനം പറഞ്ഞെന്താണ് ധർമ്മഗ്രാഹ ബാധാദി ബാധ ബാധിച്ചു പോകും കന്യരനുഷ്ണ ദ്രവ്യത്വം പഠിച്ചിട്ടുണ്ടത് എന്ന് പറഞ്ഞാൽ അത് അഭാസമാണെന്നു കൊണ്ട് മറ്റൊരു പ്രമാണം കൊണ്ട് ഏത് പ്രമാണം കൊണ്ട് പ്രത്യക്ഷം കൊണ്ട് അതുപോലെ ആഗമം കൊണ്ട് നിങ്ങളുടെ അനുമാനമെല്ലാം അഭാസമാകുന്നു ആഭാസതാണ് അതിൽ ആഭാസത്വം വരുന്നത് അതിനാണ് ആ ചിന്തിയം എന്ന് പറയുന്നത് ഏകോ ദിവ്യ ശബ്ദ സംസ്ഥാന വൈലക്ഷ്മിപര ഇവിടെ വന്നിരിക്കുന്ന ദിവ്യം എന്ന് പറയുന്നത് എന്താണ് ഈ രൂപം എന്ന് പറയുന്നത് ദിവ്യമാണ് അലൗകീയമാണ് എന്താണ് ഈ എല്ലാ ഭൂതി കാണുന്ന ഇവിടെ നാരോഗ്യമുള്ള ഒരാളെ കാണാൻ പറ്റും ശ്രീവത്സവമുള്ള ഒരു രൂപത കാണാൻ പറ്റും ഒന്നും പറ്റത്തില്ല സീരിയലും സിനിമയിലും ഒക്കെ ഉള്ളു അതെങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ല കാണാൻ പറ്റത്തില്ല അതാണ് പരമം വ്യോമ വൃത്തി മാത്രമല്ല ഈ രൂപം മാത്രമേ ഉള്ളൂ ഈ രൂപത്തെ അവിടെ എത്തിച്ചേരുന്ന മാത്രമേ സഷാത്കരിക്കാൻ പറ്റൂ ഇവിടെ ഇവിടെ എന്ന് പറയുന്ന മാനസികമായ ഭാവനകളിൽ മാത്രമേ അവിടെ തന്നെ അടുത്തു പറയുന്ന എന്താണ് ദിവ്യം അദ്ഭുതം എന്ന് പറയും വിചിത്ര അവതാര പ്രദക്ഷണം വിചിത്ര അവതാരം എന്ന് പറയും ഈ അവതാര വിചിത്രം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഈശ്വരൻ ദേ പറയുന്ന ദിവ്യമംഗളരൂപത്തിന് ചേരാത്തതായ മത്സ്യം അതങ്ങനെ ഐശ്വര്യമായിട്ടാണ് എന്താ ബന്ധം ഇതാണ് വിചിത്ര അവതാരയോഗം എന്ന് പറയുന്നു പന്നി പന്നി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യനറപ്പാണ് അല്ലേ ദേശമുള്ള പോലെ പന്നി എന്നാ വിളിക്കും പക്ഷേ എന്ത് ചെയ്യുന്നു വിചിത്ര അവതാരയോഗം എന്തായിട്ട് വന്നു മത്സ്യമായിട്ട് വന്നു പന്നിയായിട്ട് വന്നു അതാണ് വിചിത്രത എന്ന് പറയുന്നത് എന്നുവെച്ചാൽ സാധനങ്ങളും മനുഷ്യനെ സംരക്ഷിക്കാൻ വയ്യാത്ത രൂപങ്ങളാണ് അതുപോലെ തന്നെ പറയുന്നു പ്രതിക്ഷണം അപൂർവത് അനുഭാവ്യത്വം അത് ധ്യാനിക്കുന്ന ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാധാരണ എന്താണ് നമ്മളൊരു എന്താ പറയുന്ന ഒരു പാട്ട് കേട്ടെന്നിലും അപ്പോൾ ആദ്യമായി കേൾക്കുമ്പോൾ നമുക്ക് ഒരു വലിയ അനുഭൂതിയായിരിക്കും അതെ സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്നു അത് വലിയൊരു അനുഭവമായിരുന്നു വീണ്ടും കണ്ട വീണ്ടും കണ്ട വീണ്ടും കണ്ടു കഴിഞ്ഞാൽ മൂന്ന് തവണ കണ്ടിട്ട് മടത്തില്ല പക്ഷേ പത്ത് തവണ ആയാലും നൂറു മണിയായാലും മടുത്തു പോകും നമ്മുടെ എല്ലാ അനുഭവങ്ങളും എത്ര തീവ്രവും എത്ര രോചകവുമായിരുന്നാലും ശരി ക്രമേണം നടത്തുന്നത് പക്ഷെ ഉപാസനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവന് എന്താണ് ഓരോ സമയവും ഈ പ്രാപഞ്ചികമായ അനുഭവതലത്തിൽ നിന്നെല്ലാം വിട്ട് ഈ പറയുന്ന ദിവ്യമായ രസാസ്വാദം എന്ന് പറയുന്ന അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പഴയതിനെ വീണ്ടും അനുഭവിക്കുകയല്ല അതെന്തായിരിക്കും നവം എന്നു വെച്ചാൽ എന്നും പുതുമയുള്ളതായി അതുകൊണ്ടാണ് പറയുന്നത് അത്തരമൊരു രസാസ്വാഗതത്തിൽ ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല നമ്മളെന്താ ഉപേക്ഷിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത് പഴയതാകുമ്പോഴാണ് ഏത് കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പഴയതാകുമ്പോഴാണ് ഇതൊരിക്കലും പഴയതാകുന്നില്ല അതുകൂടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രതിക്ഷണം അപൂർവ അനുഭാവ്യത്വം അനുഭാവ്യം വെച്ചാൽ അനുഭവത്തിന് വിഷയമാവുന്ന പ്രതിക്ഷണം ഓരോ ക്ഷണവും ഏതെല്ലാം ഏത് ക്ഷണത്തിലാണോ ഒരുവൻ ഈ ആനന്ദത്തെ അനുഭവിക്കുന്നത് അത് പുതുതായും പുതുതായും ഓരോ ക്ഷണത്തിനനുഭവിക്കുമ്പോഴും അതെന്തായിരിക്കും ആദ്യ അനുഭവം ഒരിക്കലും പഴകത്തില്ല അതുകൊണ്ടാണ് ഇത് യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും എല്ലാം പറയുന്നത് ഒരു വണ്ട് മധുബൻ അതിങ്ങനെ അന്വേഷിച്ചും എന്താണ് നിരന്തരം എവിടെയെങ്കിലും ഇരിക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് അത് അന്വേഷിച്ചു കിടക്കുന്നത് തേനാണ് അപ്പൊ അത് ഒരിക്കലത് തേനിന്റെ മധുരം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ അതിന്റെ സ്മൃതി ഉള്ളത് കൊണ്ട് ഒരിക്കലും അതിന് തേൻ മടുത്തുപോക്കും വീണ്ടും അതിങ്ങനെ ഉഴറിൽ നടക്കുന്ന എന്താണ് ഓരോ സമയവും അതിന് ഇതിന്റെ നവമാണ് അത് ജീവിതത്തിൽ ആദ്യമായിട്ട് തേൻ അനുഭവിക്കുകയാണ് പിന്നെ സ്മൃതി വീണ്ടും അവിടെ അപ്പോ അതിന വിടാൻ പറ്റത്തില്ല അതിന്റെ ജീവിതത്തിൽ തന്നെ ഒരൊറ്റ ലക്ഷ്യമുള്ള എന്താണ് നവം നവം ഇത് അനുഭവിച്ചുകൊണ്ടേ ഈ രസ്വാസ് ആസ്വാദനത്തിനും നിരന്തരം ഉന്മത്തനാവുക അതെല്ലാവർക്കും വേറെ ആഗ്രഹങ്ങളൊന്നും നിരന്തരീക്ഷം മുരികയും വേറെ ഒന്നിനു വേണ്ടിയാണ് ഓരോടത്തും ഉയർന്നി നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് എന്താ പറയുക പോയോ ആ പ്രദീക്ഷണം അപൂർവത്ത് അനുഭാവിക്കുന്നത് നവം അപൂർവം അത് അപൂർവ വത്തെന്ന് പറയാൻ എന്താ കാരണം ശരിക്കും ഇത് തന്നെയാണ് നേരത്തെ അനുഭവിച്ചത് പക്ഷെ വീണ്ടും അനുഭവിക്കുമ്പോൾ വീണ്ടും അത് എന്താകുന്നു ആദ്യാനുഭവം പോലെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ആദ്യാനുഭവം പോലെ ആവർത്തിക്കട്ടില്ല ചിലപ്പോൾ ഒരു തവണയൊക്കെ തോന്നി അല്ലെങ്കിൽ രണ്ടു തവണ തോന്നിന്നിരിക്കും ഈശ്വരീയമായ അനുഭവമാണ് എന്താണോ ഒരാൾക്ക് നിരന്തരം ആദ്യാനുഭവമായി തോന്നുന്നത് അനുഭവിക്കുന്നു അങ്ങനെ ഭാഷ പറഞ്ഞു തന്നെയുള്ളു കയറി പിടിക്കല്ലേ അനുഭവം ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോ ചെറസ്സിൽ ആയിപ്പോയി തന്നെയാണ് അനുഭവം തന്നെയാണ് തോന്നാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും അനുഭവം തന്നെയാണ് ഒരു സംശയമുണ്ട് ഇവിടെ പറയുന്നത്ര ആ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർണ്ണിക്കുന്ന അനുഭവം തന്നെയാണ് എനിക്ക് ദേവനായാലും ദേവിയായാലും ആരായാലും ങ്ങനെ തന്നെ നമ്മളൊരു ആനന്ദത്തിന്റെ പിറകെയാണ് പോവുകയാണെങ്കിൽ അതിങ്ങനെ ആയിരിക്കണമെന്നാണ് അതിനെന്തു ഉപായത്തെ സ്വീകരിച്ചു എന്നുള്ളത് അവരുടെ അടുത്ത് മാറ്റം പിന്നെ വൈഷ്ണവരെന്തു ചെയ്യുന്നു അവര് കൂടുതൽ ഭാവനാസമ്പന്നന്മാരും ഒക്കെ അറിഞ്ഞവരെ കൂടുതൽ കുറച്ചുകൂടി മനോഹരമായി അവർ വർണ്ണിക്കും അത് അത്രയും മനോഹരമായ വർണ്ണനങ്ങൾ വിപുലമായി വേറെ എവിടെയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാതുകൊണ്ടായിരിക്കാം എന്റെ അറിവിൽ നിന്ന് എനിക്ക് പറയാം പക്ഷെ അതിനൊന്നും അധികം പ്രചാരം വന്നിട്ടില്ല വ്യാമനാചാര്യന്റെ ശ്ലോകത്രി പോലെയുള്ള പദ്യങ്ങളെല്ലാം ഭക്തിയുടെ ഒരു പരവമായ അവസ്ഥയാണ് പക്ഷെ സാമാന്യ ജനങ്ങളുടെ എല്ലാവരും അതൊന്നും പ്രചരിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഏ ഏ വായിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടോ അവസാനത്തേന്ന് പറഞ്ഞ നാലാമത്തെ ഏ അങ്ങനെ ആ അത് പറഞ്ഞാൽ മതി ഉം ഉം ഉം നാലൊന്നും പഠിക്കല് നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞു അത് ലക്ഷ്മിയെ കുറിച്ചുള്ള വർണ്ണനയാണ് അല്ല ശ്ലോകെ കുറിച്ചാണ് ശ്ലോക ശ്ലോകത്രീ എന്ന് പറയുന്നത് ലക്ഷ്മിയെ കുറിച്ചുള്ള വർണ്ണ എന്നിട്ട് അതിനെ എങ്ങനെയാണ് വിഷ്ണുവുമായിട്ട് അതിനെ സമന്വയിപ്പിക്കുന്നത് മറ്റേതില് അറുപത്തിയഞ്ച് പദ്യങ്ങളുണ്ട് ചിലതിൽ അറുപത്തിമൂന്ന് പൊതുവെ അറുപത്തിയഞ്ച് പദ്യവും വിശദീകരണങ്ങളൊക്കെ ഉണ്ട് നല്ലതാണത് പക്ഷേ അതിന് അദ്ദേഹത്തിന് വ്യാഖ്യാനം ഉണ്ടാവില്ലേ ദേശീയ കേന്ദ്രത്തിന്റെ വേഖ അതുകൂടെ വേണം എന്നാലും നമുക്ക് ശരിക്കും കൊള്ളാൻ പറ്റും സുഖങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി കൂടെ വരണം മനസ്സ് എന്നാലൊരു സുന്ദര്യം ഏ ാണ് അപ്പൊ ഒരു ഒറ്റപത്തിയം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തിക്ക് പക്ഷെ സാധാരണ മനുഷ്യൻ ചൊല്ലുമ്പോൾ അത്രയും അതിന്റെ ആശയത്തെക്കൊണ്ടു ചൊല്ലുമോ എന്ന് എനിക്കറിയത്തില്ല വെറുതെ കഴിഞ്ഞൊന്നുമ്പോ ഉറങ്ങുകയും ചൊല്ലും ആൾക്കാർ എന്തായാലും ഇവിടെ എന്താണ് അത്ഭുതം എന്നുള്ളതുകൊണ്ട് അതാണത് കാരണം ഇത്തരം അനുഭവങ്ങളൊക്കെ തന്നെ അത്ഭുതമാണ് അതുകൊണ്ട് അത്ഭുത ശബ്ദം കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കണം പിന്നെ വരുന്നത് എന്താണ് പറഞ്ഞതുപോലെയാണ് കാല അനവച്ഛിന്നത്വം രഹസ്യമനായുതരത്തിലും പാഞ്ചരാത്രത്തിന്റെ ഭാഗമായി വരുന്നതാണ് നിത്യ അലിംഗ സ്വഭാവ സംസിദ്ധി ഇന്ദ്രിയകാരജനവതി എന്നെല്ലാം പറയും അപ്പൊ അത് എന്താണ് ആ രൂപത്തെ കുറിച്ച് താഴെ എന്റെ നോട്ടിലും കൊടുത്തിട്ട് നിത്യ അലിങ്ക എന്ന് വെച്ചാൽ അത് അനുമാനകല്യമല്ല നേരത്തെ പറഞ്ഞ ആഗമം കൊണ്ട് ബാധിക്കപ്പെടുന്നതാണ് സ്വാഭാവിക സർവാംശ വിശിഷ്ടൂപത്തെ കുറിച്ച് പറയുന്നുണ്ട് പറയണം സർവാംശവിശിഷ്ടമായിരിക്കുന്നു എന്നുവെച്ചാൽ എല്ലാ രൂപങ്ങളും കൂടി പറയണം അതിന്റെ ലാവണ്യത്തെക്കുറിച്ച് പറയുക ഇന്ദ്രിയാകാരെല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടിയിരിക്കുന്നു അതൊക്കെ അതിന്റെ വർണ്ണനകളിൽ ഇതൊക്കെ കൂടുതൽ വ്യക്തമാണ് വ്യഞ്ജനം എന്നുവെച്ചാൽ പുൻസ്വപ്രദർശനകാര ആ പുംസ്വത്തെ പ്രദർശിപ്പിക്കുന്ന ഇവിടെ രണ്ടുപേരുണ്ടല്ലോ പുരുഷന് സ്ത്രീ ശ്രീ എന്ന് പറയുന്നത് സ്ത്രീയാണ് നാരായണൻ പുരുഷനാണ് അതിനൊക്കെ പ്രകടിപ്പിക്കുന്ന ആ കാര്യമാണ് ഇവിടെ ആ രൂപം ദിവ്യമംഗളരൂപം അതിനെക്കുറിച്ച് പറയുന്നു അതായത് ഒരു ഭാഗം അതിനകത്ത് കുറെ ഭാഗങ്ങളുണ്ട് ഇവിടെ പറയും പോഷ്കരം പിന്നെ സത്വതം ഈ ആഗമ ശാസ്ത്രം വളരെ വിപുലമാണ് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഇതെല്ലാം ഇതാണ് ഏറ്റവും പ്രമാണമായിരിക്കുന്നത് ഓരോരോ കാലത്ത് ഇതുവിടെയുള്ള വിദ്വാന്മാരായ ഭക്തന്മാരെ എഴുതി ചേർത്തത് പക്ഷെ വിശ്വാസം അതല്ല മഹാവിഷ്ണു ഉപദേശിച്ചെന്നൊക്കെയായിരിക്കും വിശ്വാസം ഇങ്ങനെയുള്ള ആൾക്കാർ എഴുതി ചേർക്കാം അതിൻ്റെ അകത്ത് പറയുന്നത് വിഷ്ണുവിന്റെ രൂപം ലക്ഷ്മിയുടെ രൂപം അവിടെ പ്രവൃത്തികൾ ഇവരെ നമ്മുടെ എന്താണ് ബന്ധങ്ങൾ പിന്നെ ഒരു ഭാഗം കൊണ്ടുതന്നെ അതിൻ്റെ ഉപാസനങ്ങൾ ആരാധനകൾ പൂജാ പദ്ധതികൾ എല്ലാം നിത്യാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ശരിക്കും വേദത്തെ ഒരു മോഡലാക്കിയിട്ടുള്ളത് വേദത്തിൻ്റെ അപൂർവകാണ്ടും ഉത്തരവാദവും പോലെയാണ് ഈ ആഗമങ്ങളെല്ലാം രഹിച്ചിരുന്നത് ഒരു ഭാഗത്ത് അതിൻ്റെ കർമ്മകാണ്ടും വേറൊരു ഭാഗത്ത് തത്വം നിങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ അത് വളരെ വിപുലമാണ് വേദത്തിനൊരു ബദലായി ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം വേദത്തിനൊന്നും കൃത്യമായി പറയുന്നില്ല അപ്പം വിഷ്ണുവിനെയും ഇങ്ങനെയെന്നും ഈ ഉപനിഷത്തുകളിലൊന്നും പിൽക്കാലത്ത് വന്ന ഉപനിഷത്തുകളും അങ്ങനെയുള്ള ഉപനിഷത്തുകളുമുണ്ട് അതൊക്കെ ഇദ്ദേഹം ഇവിടെ പ്രമാണമായി കാണിക്കും പക്ഷെ അത് കുറവാണ് അപ്പൊ അതിനുപകരം എന്ത് ചെയ്തു തത്തുല്യ പ്രാമാണ്യമുള്ള ആഗമങ്ങളെ അവർ നിർമ്മിച്ചു എന്താ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇതിനൊക്കെ എന്താ കാരണം ആനന്ദവർദ്ധനം പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത് അല്ലേ ആനന്ദവർധനം ചെയ്തായിട്ടാണത് പ്രസിദ്ധം അതിപ്പോ ഈ പറയുന്ന നമ്മളീ പറയുന്ന പല പദ്യങ്ങളും മഹാഭാരതത്തിലുണ്ട് അതുകൊണ്ടാവും പക്ഷെ അത് അതിന് പുരാണത്തിനും കാണും ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോ ഭഗവത്ഗീത നിരവധി ശ്ലോകങ്ങൾ അതുപോലെ തന്നെ വാസിഷ്ടത്തിൽ വരുന്നുണ്ട് വാസത്തി ഇത് വിമർശകന്മാരെല്ലാം ഇത് കോട്ടയുമ്പഴത്തേക്ക് ആനന്ദവർദ്ധനന്റേതായിട്ടാണ് നടക്കുന്നത് സാഹിത്യ നിരൂപകന്മാരൊക്കെ പറയുമ്പോൾ ആനന്ദവർധന ഇങ്ങനെ പറയുമ്പോൾ അത് വേറെ പല സ്ഥലങ്ങളിലും കാണും ഇപ്പൊ രാമായണത്തിലെ തന്നെ ശ്ലോകങ്ങൾ വേറെ ഇവിടെ എല്ലാം പല സ്ഥലത്തും പുരാണങ്ങൾ വരുന്ന ശ്ലോകങ്ങള് പലയിടത്തും വരും ഇത് എന്തു ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ആനന്ദവർദ്ധനന്റെ കാലം എന്ന് പറയുന്നത് ഏതാ പത്തിലും അതായത് അഭിനവഗുപ്തന്റെ ഗുരുവാണ് അഭിനോക്കാൻ സ്വയം ഗുരുവെന്ന് കണ്ടയാളാണ് നേരിട്ടുള്ള ഗുരുവല്ല ഇപ്പോ ഒരു ഒമ്പത് അല്ലെങ്കിൽ പത്ത് ഒമ്പതാം നൂറ്റാണ്ടിലായിരിക്കും അല്ലേ അതിനുശേഷം ഇവിടെ എത്രയോ പുരാണങ്ങളെ വലുതാക്കിയിട്ടുണ്ട് ഏ അങ്ങനെയും വരാം ആരെയും സംസാരിച്ചു കവിപ്രപഞ്ചത്ത് ഏ എന്തുകൊണ്ട് അവരുടെ എല്ലാം അഭിരുചിക്കനുസരിച്ചാണ് പോകുന്നത് ഇപ്പൊ ഇതഴിയാളിന്റെ അഭിരുചിയാണ് അപ്പോ നിത്യത്തെ നമുക്ക് നിശദീകരിച്ചാണ് പറയുന്നു നിരവധി ജരാതിരാക്യം ഇതിനെ വീണ്ടും ആയുധങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്തും വരും എന്താണ് നിരവധ്യത്വം നിത്യസിദ്ധയെ തഥാക അഥവാ വളരെ വായിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ് തത്പരത്വേ ചോഷ്കരെ യസ്ഥ അവിടെ പറയുന്നുണ്ട് അത്യത്ര സംവിധായം സത്താപത സത്യരീതി പാട്ടു തസ്തി അങ്ങനെ പാഠഭേദത്ത് കാണിച്ചിരിക്കും ഹൃദയം സസ്യാസവും സന്നിധിയും പ്രജയം അത് മനസ്സിലാക്കാമുള്ളതായിരുന്നു നോക്കി ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് എന്താണ് അവിടെയും പറയും നിരവധ്യത്വം ഇവിടെ പറഞ്ഞ് ജരാചരായു അവിടെ പറയുന്ന എന്താണ് ആയുധങ്ങൾക്ക് എന്താ ജരവരും തുരുമ്പെടുക്കും അനുനിരവധിത്വം ദുരന്തത്ത ആയുധം എന്ന് പറയുന്നത് അത് കല്യാണാഭവങ്ങളായ ആയുധങ്ങളെന്ന് പറയും ആൾക്കാർക്ക് മംഗളത്തെ കൊടുക്കുന്ന ആയുധങ്ങളാണ് പേടിപ്പിക്കുന്ന പേടിപ്പിച്ച ആരെങ്കിലും ധ്യാനിക്കൂ ഇല്ല ശരി